ഹെബ്രോനിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാരാവിദ് ഇസ്രായേൽ കാര്യത്തിയായ അഹിനോവാം പ്രസവിച്ച അംനോൻ ആദ്യമേൽ കാര്യത്തിയായ അബിഗയിൽ പ്രസവിച്ച ദാനിയേൽ രണ്ടാമൻ ഗഷൂർ രാജാവായ തൽമായുടെ മകളായ മയഖയുടെ മകൻ അബ്ശാലോം മൂന്നാമൻ ഹഗിത്തിന്റെ മകൻ അദൂനിയാവ് നാലാമൻ അബിദാൽ പ്രസവിച്ച ഷെഫത്യാവ് അഞ്ചാമൻ അവന്റെ ഭാര്യ യഗ്ല പ്രസവിച്ച ഇത്രയാം ആറാമൻ ഈ ആറു പേരും അവന് ഹെബ്രോനിൽ വെച്ച് ജനിച്ചു അവിടെ അവൻ ഏഴ് സംവത്സരവും ആറു മാസവും വാണു യെരുസലേമിൽ അവൻ മുപ്പത്തിമൂന്ന്സരം വാണു യെരുസലേമിൽ വെച്ച് അവന് ജനിച്ചവരാവിത് അമ്മിയേലിന്റെ മകളായ ബച്ചൂവ പ്രസവിച്ച ഷിമേയ ശോഭാബ് നാഥാൻ ശലോമോൻ എന്നീ നാലു പേരും ഇബാർ എലിഷാമ എലിഫേലത്ത് നോഗഹ് യാഫിയ എലിഷാമ എല്യാദ എലിഫെർഹലത്ത് എന്നീ ഒമ്പത് പേരും വപ്പാട്ടികളുടെ പുത്രന്മാരൊഴികെ ദാവീദിൻ പുത്രന്മാരൊക്കെയും ഇവരത്രേ താമാർ അവരുടെ സഹോദരി ആയിരുന്നു ഷലോമോന്റെ മകൻ രഹബയാ അവന്റെ മകൻ അബിയാവോ അവന്റെ മകൻ ആസാ അവന്റെ മകൻ യഹോ അവന്റെ മകൻ യഹോരാം അവന്റെ മകൻ അഹസ്യാവ് അവന്റെ മകൻ യോവാഷ് അവന്റെ മകൻ അമസ്യാവോ അവന്റെ മകൻ അസരിയാവോ അവന്റെ മകൻ യോദ്ധാം അവന്റെ മകൻ ആഹാസ് അവന്റെ മകൻ ഹിസ്കിയാവ് അവന്റെ മകൻ മനശേ അവന്റെ മകൻ ആമോൻ അവന്റെ മകൻ യോഷിയാവ് യോഷിയാവിന്റെ പുത്രന്മാ ആദ്യജാതൻ യോഹനാൻ രണ്ടാമൻ യഹോയാക്കിം മൂന്നാമൻ സിദക്കിയാവ് നാലാമൻ ഷല്ലൂം യഹോയാക്കീമിന്റെ പുത്രന്മാ അവന്റെ മകൻ യാവ് അവന്റെ മകൻ സിതത്യാവ് ബദ്ധനായ യഖോന്യാവിന്റെ പുത്രന്മാർ അവന്റെ മകൻ ഷേൽത്തിയേൽ മൽക്കീരാം പെതായാവ് ഷെനസഫ് യക്കമ്യാവ് ഹോഷാമ നദബ്യാവ് പെതായാവിന്റെ മക്കൾ സെരുബാബേൽ ഷിമയി സെരുബാബേലിന്റെ മക്കൾ മിഷുല്ലാം ഹനന്യാവ് അവരുടെ സഹോദരി ഷെലോമി എന്നിവരും അശൂബ ഓഹൽ ബെരഖ്യാവ് ഹസത്യാവ് യൂസഫ് ഹോസേദ് എന്നീ അഞ്ചു പേരും തന്നെ ഹനന്യാവിന്റെ മക്കൾ പെലത്യാവ് എസയ്യാവ് രഫായാവിന്റെ മക്കൾ അർണാന്റെ മക്കൾ ഒബാദേവിന്റെ മക്കൾ ശഖന്യാവിന്റെ മക്കൾ ശഖന്യാവിന്റെ മക്കൾ ശമയ്യാവ് ശെമയ്യാവിന്റെ മക്കൾ ഹത്തൂഷ് ഇഗാൽ ബാരി നെയേരിയാവ് എന്നിങ്ങനെ ആറുപേർ നയരിയാവിന്റെ മക്കൾ എല്യോവേനായി ഹിസ്ത്യാവ് അസ്രീഖ് ഇങ്ങനെ മൂന്ന് പേർ എല്യോവേനായിയുടെ മക്കൾ ഫോദവിയാവ് എല്യാഷി പെലായവ് അക്കൂബ് യോഹാനാൻ ദലായാവ് അനാനി ഇങ്ങനെ ഏഴുപേർ